ഹഅഅ അഹം ഇ സദനെ അസ്മി നല്ല ഈ പ്രയോഗം ഇത് അഹം എന്ന് പറയുന്നതിൻ്റെ വിഷയം ആത്മാവായി സ്വീകരിക്കുകയാണെങ്കിൽ ഇവിടെ സദനെ അഹം സദനെ എന്ന് പ്രയോഗിക്കാൻ പറ്റത്തില്ല കാരണം ആത്മാവ് സർവവ്യാപിയാണ് അഹം സദനയെന്ന് പറയുമ്പം അഹം ആത്മാവ് സദനെ വീട്ടിൻ്റെ ഉള്ളിൽ എന്നർത്ഥം വരും അത് ശരിയാകത്തില്ല കാരണം അത് അഹം തന്നെ കുറിച്ചുള്ള പ്രാദേശികമായ പരിച്ഛിന്നമായ ഒരറിവാണ് അത് ആത്മാവിൽ സംഭവിക്കത്തില്ല ആത്മാവ് ഈ പോവാണ് കുറവ് ഖണ്ണിക്കുന്നു കുറവ് പറയുന്നു ഈ പറയുന്നത് അഹം സദനയേവ എന്ന് പറയുന്നിടത്ത് ശരീരത്തിന്റെ പ്രാദേശികത്വം പരിച്ഛിന്നതയെന്ന് പറയുന്നത് ആത്മാവിന്റെ അല്ല അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അഹത്തിന്റെ അർത്ഥം വിഷയം ആത്മാവാണെങ്കിലും ഇവിടെ ശരീരവുമായിട്ട് ആത്മാവിന് സംബ ഉള്ളതുകൊണ്ട് അഹമെന്ന് പറയുന്നതിലൂടെ ശരീരത്തിന്റെ പ്രാദേശികത്വത്തെ പറയുക അതുകൊണ്ടാണ് സദനെ എന്ന് പറയുന്നത് എന്നാണ് പറയുന്നത് പറയുന്നു അത് ശരിയാവത്തില്ല ശരീരത്തിന്റെ പ്രാദേശികത്വം എന്ന് പറഞ്ഞാൽ അഹമെന്ന് പറയാൻ പറ്റുള്ളൂ കാരണം അഹത്തിന്റെ ആശ്രയം ശരീരമല്ല ആത്മാവാണ് ശരീരമൊഹത്തിന്റെ ആചനമാകത്തില്ല അപ്പൊ അഹംസദന എന്ന് പറയാൻ കഴിയത്തില്ല ശരീരത്തിന്റെ പ്രാദേശികത്വമാണെങ്കിൽ പറയേണ്ടി വരും ശരീരസദനയെന്ന് പറയേണ്ടി വരും അഹംസദന എന്ന് പറയാൻ കഴിയത്തില്ല പക്ഷെ പറയുന്നങ്ങനെയല്ല അഹംസദനയെന്നാണ് ആത്മാവ് വീട്ടിലെന്നാണ് അത് ശരിയാവത്തില്ല ഇത് പറയുന്നു ഇനി ഇവിടെ ഗൌണമായിട്ടങ്ങനെ പറയാണ് കാരണം അഹം ശബ്ദത്തിന് രണ്ടും മുഖ്യാർഥവും രണ്ടർത്ഥമുണ്ട് ഒരു മുഖ്യാർത്ഥവും ദൂണാർത്ഥം മുഖ്യാർത്ഥം എന്ന് പറയുന്ന ആത്മാവ് ധൂണാർത്ഥം എന്ന് പറയുന്ന ശരീരം അഹം എന്ന് പറയുന്നത് ശരീരത്തെടുക്കുന്നു ശരീരം സദനെ എന്നാണ് പറയുന്നത് പഹത്തിന്റെ അടുത്ത ശരീരം തന്നെയാണ് അത് സദനെ വീട്ടിലെന്ന് പറയുന്നൊരു ദോഷം എന്ന് പറയുമ്പോൾ പറയുന്നു അത് ശരിയാകത്തില്ല കാരണം അഹമെന്ന് പറഞ്ഞുകൊണ്ട് ശരീരത്തെടുത്തു കഴിഞ്ഞാൽ ധ്യാനഹ അഹോ എന്ന് പറയാൻ പറ്റില്ല അറിയുന്നവനായ ഞാനെന്ന് കാരണം അറിയുന്നവനായ ഞാൻ ആത്മാവാണ് ശരീരമല്ല ശരീരം അറിയുന്നവനല്ല അഹോ എന്ന് പറയുന്നത് ശരീരത്തിന്റെ പ്രാദേശികത്വം എന്ന് പറയാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ അഹോന്ന് പ്രയോഗിക്കാനേ പറ്റത്തില്ല ശരീരം സദന എന്ന് പറയേണ്ടി വരും അഹോ എന്ന് പറയുന്നതിന്റെ ഗൌണാർത്ഥത്തെടുത്തിട്ടാണ് സദനയെന്ന് പറയുന്നതെങ്കിൽ ശരീരം സദനയെന്നർത്ഥം വരും പക്ഷെ ജാനാൻ അഹ എന്നുള്ള അർത്ഥം യോജിക്കത്തില്ല അറിയുന്നവനായ ഞാൻ ശരീരമാകത്തില്ല എന്നാണ് അതുകൊണ്ട് എന്ന് പറഞ്ഞു പിന്നെ എന്താണ് ഇവിടെ ഗൌണം എന്നുള്ള പറഞ്ഞു വീതികൾ പറയുന്നതാണ് അഹം എന്ന് പറയുന്നത് മുഖ്യമായ അർത്ഥം ആത്മാവാണ് പക്ഷെ ആത്മാവിന് ശരീരമായിട്ട് സംബന്ധം ഉള്ളതുകൊണ്ട് അത് അഹനിശബ്ദം ആത്മാവിന് പ്രയോഗിക്കുന്നത് പോലെ തന്നെ ശരീരത്തിനും ഗുണമായിട്ട് ഗൗണം എന്താണെന്ന് പറയുന്നു പറയുമ്പോൾ എന്താണ് ഗൗണം ദേഹത്തിൽ അഹം ശബ്ദം ഗൗണമായി പ്രയോഗിക്കുന്നു എന്ന് പറഞ്ഞു അപ്പൊ ഗൗണമെന്തെന്നറിയുന്നു അപ്പിച്ച ഗൗണത്തെ വിശദീകരിക്കുകയാണ് പരശബ്ദ പരത്ര ലക്ഷ്യമാണ് ഗുണയോഗേന വർത്തതേതി എത്ര പ്രയോക്തൃപ്രതിപത്രോഹോ സംപ്രതിപത്തി സഗുണ അഹോ എന്നുള്ള ആ പ്രയോഗം ശരീരത്തിൽ ഗൌണമായി പ്രയോഗിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് പറ്റൂലെന്ന പറ ശബ്ദം ശരീരത്തിൽ ഗൌണമായി പ്രയോഗിക്കാൻ കഴിയത്തില്ല അത് എന്തുകൊണ്ട് അപ്പൊ എന്താണ് ഗൌണം എന്നറിയുന്നത് ഗൌണീ ഭർത്തി എന്താണെന്നറിയുക ശബ്ദവും അർത്ഥമായിട്ടുള്ള സംബന്ധമാണ് ൃത്തി വാക്യം ശക്തി ശക്യം എന്ന് പറയുന്നിടത്ത് ശക്തിയാണ് സംബന്ധം ലക്ഷ്യം ശക്യാർത്ഥം എന്ന് പറയുന്നിടത്ത് ശബ്ദത്തിന്റെ സഖ്യാർത്ഥം എന്ന് പറയുന്നിടത്ത് ശക്തിയാണ് സംബന്ധം ഗൌഹവും അതിന്റെ സഖ്യാർത്ഥമാണ് നാലുകാലുള്ള ജീവി അവിടെ ആ ശബ്ദത്തിന് അർത്ഥമായിട്ടുള്ള സംബന്ധം ശക്തിയാണ് ഗംഗോഷ ഗംഗ് ഗംഗാപ്രവാഹം അവിടെ ഗംഗായാങ്കോഷ എന്നുള്ളത് ഗംഗാശബ്ദത്തിന്റെ അർത്ഥം തീരം എന്നാണ് അത് അവിടെ ലക്ഷണാവൃത്തിയിലൂടെയാണ് അവിടെ ലക്ഷ്യാർത്ഥത്തെ തീരം എന്നുള്ള ലക്ഷ്യാർഥത്തെ ശക്തി സംബന്ധവും ലക്ഷണോ ശക്യമായ പ്രവാഹവുമായിട്ടുള്ള സംബന്ധം ആ സംബന്ധത്തെയാണ് ലക്ഷണമായിട്ടെടുക്കുന്നത് അതാണ് ലക്ഷണാവസ്ഥ ഗൌണി ഗൌണിയെ വിർത്തി എന്ന് പറയുന്നു മൂന്നാമത്തെ അത് ഇതാണ് പറയുന്നത് സിംഹോ മാണവകണവനെന്ന് വെച്ചാൽ ബ്രഹ്മചാരിയും നൃത്തം ഇവിടെ മാണവകനെന്ന് പറഞ്ഞാൽ കുരുഷൻ ദുഷ്ടനായ ഒരു മനുഷ്യനും നൃത്തം ഇപ്പൊ സിംഹോ എന്ന് പറഞ്ഞാൽ സിംഹത്തെ പോലെ ക്രൂരനായ മനുഷ്യനും ാണ് സിംഹവും മാണവകെന്ന് പറയും കൂരനായ മനുഷ്യൻ അപ്പൊ ഇവിടെ മാണവകനിൽ സിംഹ ശബ്ദം പ്രയോഗിക്കുന്നത് ഗുണീവൃത്തിയിലൂടെയാണ് എന്നുവെച്ചാൽ സിംഹ ശബ്ദത്തിന്റെ ഒരു മുഖ്യാർഥമുണ്ട് അതെന്താണ് സിംഹ ശബ്ദത്തിന്റെ മുഖ്യാർഥം കാട്ടുകൾ കിടക്കുന്ന സിംഹം എന്ന ജീവി ഗൌണാർത്ഥം ഇവിടെ മാണവകൻ ക്രൂരനായ മനുഷ്യൻ ഇപ്പൊ സുഖശബ്ദത്തിന് അങ്ങനെ രണ്ടർത്ഥം വരാം മുഖ്യമായ അർത്ഥം കാട്ടിൽ കടകുന്ന ഹിംസ്രജീവിയെന്നും ഗൌണമായ അർത്ഥം കുപുരുഷൻ എന്നും അതുപോലെ അഹിംശബ്ദത്തിന് മുഖ്യമായ അർത്ഥം വ്യാപകമായ ആത്മാവൊന്നും ഗൗണമായ അർത്ഥം ശരീരമൊന്നും വരത്തില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഗൌണമെന്താണെന്നും ശരീരം എന്തുകൊണ്ടാണ് അവിടെ ഹിംസ്രമൃഗത്തിന്റെ സിംഹം എന്ന് പറയുന്ന ആ ശബ്ദത്തെ ഹിംസ്രമൃഗത്തിൽ പ്രയോഗിക്കുന്നതാണ് ആ ശബ്ദത്തെ കൂപുരുഷനിൽ പ്രയോഗിച്ചിരിക്കുന്നു വേറെ എന്തുകൊണ്ടാണ് രണ്ടിലും ചില സാദൃശ്യം സിംഹത്തിലെന്താണോ ക്രൂരത അതേ ക്രൂരത എവിടെയുണ്ട് കൂപുരുഷനിലും ഉണ്ട് മാണവകര് സാദൃശ്യമുള്ളൂ ഒന്ന് അതുകൊണ്ട് ഗൗണപ്രയോഗം സാധ്യമാവും മറ്റൊന്ന് ഭേദം സിംഹമാണവകാന്ന് പറയുന്നിടത്ത് രണ്ടുപേരുണ്ട് ഒന്ന് ആ വാക്യം പ്രയോഗിക്കുന്നയാള് വക്താവ് മറ്റൊന്ന് ശ്രോതാവ് ആരാണ് ഏ സിംഹമാണവകാന്ന് പറയുന്ന ആ വാക്യം കേൾക്കുന്നയാള് അപ്പൊ രണ്ടുപേരുള്ളടുത്താണ് ഈ വാക്യപ്രയോഗം നടക്കുന്നത് ഒരാള് പറയുന്നു മറ്റൊരാള് കേൾക്കുന്നു അപ്പൊ ഇങ്ങനെ വരുന്നിടത്ത് ഈ രണ്ടു പേർക്കും സിംഹം മേരെയാണ് മാണവന്മേരെയാണെന്ന് തിരിച്ചറിയാം ഭേദജ്ഞാനാണ് അപ്പൊ ഗോണി വൃത്തിനോട് അർത്ഥം ഗ്രഹിക്കണമെങ്കിൽ രണ്ടു കാര്യം വേണം ഒന്ന് അത് പറയുന്നയാളിനും കേൾക്കുന്നയാളിനും രണ്ടും തമ്മിലുള്ള ഭേദജ്ഞാനം ഉണ്ടായിരിക്കണം ഏതൊക്കെ രണ്ടും തമ്മില് സിംഹവും മാണവനും തമ്മിൽ പിന്നെ രണ്ടും തമ്മില് സാദൃശ്യവും വേണം സിംഹത്തിന്റെ ക്രൂരതയെല്ലാം എവിടെ വരണം എന്നാലേ സിംഭവ മാണകാന്ന് പ്രയോഗിക്കാൻ പറ്റും അപ്പൊ അങ്ങനെ ഉള്ളിടത്ത് മാണവൻ എന്ന് പറയുന്ന അർത്ഥത്തെ ബോധിപ്പിക്കുന്നത് എന്തു വൃത്തിയിലൂടെ ഗൌണി വൃത്തിയിലൂടെ അങ്ങനെയാണ് ഗൌണി എന്ന് പറയുന്നത് അവിടെ സിംഹശബ്ദത്തിന്റെ സഖ്യാർത്ഥം എന്താണോ ജീവി ലക്ഷ്യം എന്ന് പറയുന്ന ഇവിടെ എന്താണ് സഖ്യസംബന്ധം സിംഹം അതിന്റെ സംബന്ധമെന്ന് പറയുന്ന മാണവനില്ല അപ്പൊ ലക്ഷണി അവിടെ സ്വീകരിക്കാൻ പറ്റില്ല സഖ്യാർത്ഥത്തെ എടുക്കാൻ പറ്റില്ല ലക്ഷ്യാർത്ഥത്തെ ലക്ഷണയെടുത്താൽ ലക്ഷ്യാർത്ഥത്തെ എടുക്കാം ലക്ഷ്യാർത്ഥമായിട്ടും മാണവനെടുക്കാൻ പറ്റില്ല പക്ഷെ ഇവിടെ എന്ത് വരുന്നു ഗൌണീവൃത്തിയിൽ എടുക്കാം സിംഹത്തില് മുഖ്യമായി പ്രയോഗിക്കുന്ന ആ സിംഹ ശബ്ദം മാണവനിലെങ്ങനെ പ്രയോഗിക്കും ഗൌണമായി അപ്പ ആ ഗോണീവൃത്തി ഇതിനെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യുന്നത് സാഹിത്യതർപ്പണം പോലുള്ള കൃതികളിലാണ് അവിടെ ഇതിന്റെ നിരവധി ഭേദങ്ങളെ കുറിച്ചെല്ലാം പറയും പറയുന്ന പരശബ്ദ പരത്ര ലക്ഷ്യമാണ് ഗുണയോഗേന വർത്തതേ ഇതി എത്ര പ്രയോക്തൃ പ്രതിപത്രോഹോ സംപ്രതിപത്തി സഗുണ ഗുണത്തിന്റെ ലക്ഷണം പറയുന്നു ്രയോഗത്തിന്റെ ലക്ഷണം പറയുന്നത് ഗൌണീ വൃത്തി എന്താണെന്ന് പറയുന്നത് അഭിച മാത്രമല്ല എന്ന് പറഞ്ഞ ഇവിടെ പറയുന്ന ഇവിടെ അഹമെന്നൊരു നിശബ്ദം ശരീരത്തിൽ ഗൗണമായി പ്രയോഗിക്കാൻ കഴിയത്തില്ല എന്തുകൊണ്ട് അത് പറയുന്നു പരശബ്ദ പരത്ര ഇവിടെ സമൂഹമാണവ എന്നുള്ള വാക്യത്തെക്കണം അല പരശബ്ദം എന്ന് പറയുന്നത് സിംഹ ശബ്ദം സിംഹശബ്ദം പരത്ര എന്ന് വെച്ചാൽ മാണവകന് സപ്തമിയാണ് മാണവന് അപ്പൊ സിംഹ ശബ്ദം എവിടെ പ്രയോഗിക്കുന്നു മാണവന് പരത്ര ലക്ഷ്യമാണ് ഗുണയോഗേന വർത്തതേ ലക്ഷ്യമാണ് ഗ്രഹിക്കപ്പെടുന്ന അറിയുന്ന ഗുണം എന്താണ് ഇവിടെ അറിയുന്ന ഗുണം ക്രൂരത ഗുണമെന്നുവെച്ചാൽ എന്റെ വിശേഷ സുംഭത്തിന്റെ പ്രത്യേകത അതാണ് ഗുണമെന്ന് പറയുന്നത് അല്ലാതെ സദ്ഗുണമെന്നുള്ള അർത്ഥത്തിലല്ല ലക്ഷ്യമാണെന്ന് വെച്ചാൽ ഗ്രഹ്യമാണ് അറിയപ്പെടുന്നതായ അറിയപ്പെടുന്ന ആരറിയുന്നു വക്താവ് ശ്രോതാവും രണ്ടുപേരും അറിയുന്നു രണ്ടുപേരും ഗ്രഹിക്കപ്പെടുന്ന ഗുണമാണെന്ത് ക്രൂരത എവിടെ സുംഹത്തിലിരിക്കുന്ന ക്രൂരതയും പിന്നെ ക്രൂരതയുടെ സംബന്ധം എന്തുവരുന്നു എവിടെ വരുന്നു സിംഹത്തിലിരിക്കുന്ന ക്രൂരതയുടെ സംബന്ധം മാണവന് വരുന്നു പരത്ര എന്ന് വെച്ചാൽ മാണവനും എന്താണ് പരശബ്ദ വർത്തതെന്നു വെച്ചാൽ പ്രവർത്തത പരശബ്ദം പ്രവർത്തിക്കുന്നു പരശബ്ദം ഏതാണ് സിംഹ ശബ്ദം പരശബ്ദം എന്ന് പറയുന്നത് സമൂഹ പരത്ര പ്രവർത്തതയെ പരത്ര എന്ന് പറഞ്ഞാൽ മാണവകനൽ പരശബ്ദം എന്ന് പറയുന്നത് ഏ സരശ്ദം എന്ന് പറയുന്നത് സിംഹ ശബ്ദം പരശബ്ദം എന്ന് പറയുന്നത് പരത്ര എന്ന് പറഞ്ഞാൽ മാണവനിൽ പ്രവർത്തിക്കുന്നു എന്ത് പ്രവർത്തിക്കുന്നു പരശബ്ദം എന്ന് പറയുന്നത് എന്താണ് പരത്ര പ്രവർത്തതേ പരത്ര എന്ന് പറഞ്ഞാൽ എന്ത് പ്രവർത്തിക്കുന്നു പരശബ്ദ സമൂഹ എങ്ങനെ പ്രവർത്തിക്കുന്നു ലക്ഷ്യമാണ് ഗുണയോഗേന ലക്ഷ്യമാണമായ വിശേഷണത്തിന്റെ സംബന്ധം കൊണ്ട് അറിയപ്പെടുന്ന വിശേഷണ സംബന്ധം കൊണ്ട് ഇവിടെ അറിയപ്പെടുന്ന വിശേഷണം എന്താണ് എവിടെ അറിയപ്പെടുന്നു സുമത്തിനോണ്ട് മാണവനോട് ആ ഗുണ സംബന്ധം സുമത്തിലിരിക്കുന്ന ആ ഗുണത്തിന്റെ സംബന്ധം എവിടെ വന്നു ഗുണയോഗം എന്ന് പറഞ്ഞാൽ സംബന്ധം വരുന്നു അങ്ങനെ ആ ശബ്ദം പ്രവർത്തിക്കുന്നു രീതി അതുകൊണ്ട് എന്ന് വരുന്നു ഇക്കാരണത്താൽ എന്ന് വെച്ചാൽ സുഹൃമാണവ്യം പ്രയോഗിക്കുന്നിടത്ത് എത്ര പ്രതിപത്രോഹോ സംപ്രതിപത്തി പ്രയോക്താവ് വാക്യം പ്രയോഗിക്കുന്നാണ് പ്രതിപത്താവ് പ്രതിപത്രോഹോ പ്രതിപത്താവ് പറയുന്നത് വാക്യത്തിന്റെ അർത്ഥത്തെ ഗ്രഹിക്കുന്നതാണ് രണ്ടുപേരുണ്ട് ഒന്നര ഒന്നാലാണ് പ്രയോക്താവ് എന്ത് പ്രയോഗിക്കുന്നു സിംഹവും മാണവ എന്ന് പ്രയോഗിക്കുന്നു അടുത്ത് പ്രതിഭത്താവ് എന്ന് വാക്യത്തെ ശ്രമിച്ച് അതിന്റെ അർത്ഥത്തെ ആഗ്രഹിക്കുന്ന ഈ രണ്ടു പ്രതിപത്രോഹോ ഏത് വ്യക്തിയാണ് ഷഷ്ടി രണ്ടുപേരും ഉണ്ട് പ്രയോക്താതിപത്താച പ്രതിപത്ത ഏതന്ധമായ ശബ്ദമാണ് ഒരു കാലാന്തമായ ശബ്ദം അപ്പൊ പ്രയോക്താവനും പ്രതിപത്താവനും സംപ്രപത്തി ശരിയായ ജ്ഞാനം സംപ്ര ജ്ഞാനം എത്ര എവിടെയാണോ ഉള്ളത് എവിടെയെന്ന് പറഞ്ഞാൽ ഏത് വാക്യപ്രയോഗത്തിലാണോ ഉള്ളത് എന്തുള്ളത് സംപ്രതിപത്തി ശരിയായ ജ്ഞാനമുള്ളത് ആർക്ക് പ്രയുക്താവനും പ്രതിയുത്താവനും എന്ത് ജ്ഞാനം എന്ത് ജ്ഞാനമാണ് പരശബദ്ധ പ്രവർത്തതയെന്നുള്ള ഞാൻ പരശബ്ദം പരശബ്ദം പറഞ്ഞാൽ എന്താണ് സിംഹ ശബ്ദം പരത്ര എന്ന് പറഞ്ഞാൽ മണവനൽ ലക്ഷ്യമാണ് ഗുണയോഗേന അറിയപ്പെടുന്ന ഗുണം ക്രൌര്യഗുണ സംബന്ധത്തിൽ ുന്നു എന്ത് പ്രവർത്തിക്കുന്നു പരശബ്ദ എവിടെ പ്രവർത്തിക്കുന്നു പരത്ര വിധി എന്നിങ്ങനെ എത്ര എവിടെയാണോ എന്നു വെച്ചാൽ സമൂഹമാണോകാന്നുവരുന്ന ആ വാക്യത്തിൽ പ്രയോക്തൃപ്രതിപദ് രണ്ടാൾക്കും ഭക്താവിനും ശ്രോതാവിനും ശരിയായ ബോധം ഉണ്ടാകുന്നത് സഗുണ അവിടെയാണ് ഗുണപ്രയോഗം അവിടെ സിംഹ ശബ്ദം എന്ന് പറയുന്നത് എന്താണ് ഗുണമാണ് പ്രതിപത്തി സപരശബ്ദ ഗുണ ആ പരശബ്ദം എന്താണ് ഗുണമാണ് അവിടെ പരശബ്ദം എന്ന് പറയുന്ന ഏതായി ഗുണമായി അപ്പോ ആ അതിന്റെ പ്രത്യേകത എന്താണെന്ന് പറയുന്നു സജ ഭേദപ്രത്യ പുരസര സഹ എന്ന് വെച്ചാൽ ഗുണ പ്രയോഗമെന്ന് പറയുന്നത് പുരസരമാണ് ഭേദജ്ഞാനത്തെ മുൻനിർത്തിയാണ് ഭേദജ്ഞാനം എന്ന് പറയുന്നത് എന്ത് സിംഹവും മാണവവും തമ്മിലുള്ള ആ ഭേദജ്ഞാനത്തെ മുൻനിർത്തിയാണ് എന്തുവരുന്നത് ആ പരശബ്ദത്തിൽ ഗൌണത വരുന്നത് അല്ലെങ്കിൽ അവിടെ ഗൌണീ വൃത്തി വരുന്നത് അപ്പോൾ ഒരു വാക്യം കേൾക്കുമ്പോൾ അതിന്റെ ഗൗണാർത്ഥത്തെ ഗ്രഹിക്കണമെങ്കിൽ പറയുന്ന ആളിനും കേൾക്കുന്ന ആളിനും അവിടെ ഏത് ശബ്ദത്തിലാണോ ഈ ഗൗണവൃത്തി ഗൗണീ വൃത്തി വരുന്നത് അവിടെ ഭേദജ്ഞാനം ഉണ്ടായിരുന്നു ച്ചാ ആ ശബ്ദത്തിന്റെ മുഖ്യമായ അർത്ഥവും ഗുണമായ അർത്ഥവും തമ്മിലുള്ള ഭേദജ്ഞാനം വേണം അപ്പൊ ഇവിടുത്തെ ശബ്ദം ഏതാണ് മുഖ്യമായ അർത്ഥം എന്താണ് സിംഹം ഗുണമായ അർത്ഥം എന്താണ് ഈ രണ്ടും തമ്മിലുള്ള വേണം ആർക്ക് പറയുന്നതാണ് അങ്ങനെ വന്നാൽ മാത്രമേ എന്ത് പറ്റൂ സിംഹ ശബ്ദത്തിൽ നിന്നും ഗോണീയ വൃത്തിയിലൂടെ എന്ത് ഗ്രഹിക്കാൻ പറ്റൂ മാണവനെ മനസ്സിലാക്കാൻ പറ്റൂ മാണവൻ സിംഹമെന്നാണ് ഇവിടെ മനസ്സിലാക്കുന്നത് മാണവൻ തന്നെയാണ് സിംഹം എന്നാണ് അപ്പൊ അവിടെ ഭേദജ്ഞാനം വേണം അതുപോലെ തന്നെ മറ്റൊന്നും കൂടെ വേണം എന്താണ് രണ്ടു തമ്മിലുള്ള ആ സാദൃശ്യം ഞാനും വേണം എന്താണ് സാദൃശ്യം സിംഹത്തിൽ ക്രൗര്യുണ്ട് മാണവനിലും ക്രൗര്യുണ്ട് അത് ഞാനും വേണം മാത്രമേ എന്തോ ഒരു ഗൌണീ ഗ്രഹിക്കാൻ പറ്റൂ പിന്നെ അഹം എന്ന് പറയുന്ന ശബ്ദം ആ ശബ്ദത്തിന്റെ മുഖ്യാർത്ഥം വൈശ്യ വിഷയാന്മാര് പറയുന്നത് അതിന്റെ വിഷയം എന്ന് പറയുന്നത് ആത്മാവാണെന്നാണ് ഗൌണാർത്ഥം ശരീരമാണെന്നും പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എന്തുവേണം ആദ്യം എന്തുവേണം എന്തുവേണം ആ കൃത്യമായി സർവ അഹം എന്ന് പറഞ്ഞാൽ വിഭുവായ പരമാത്മാവാണെന്നുള്ള ബോധവും വേണം എന്താണ് ശരീരത്തെക്കുറിച്ചുള്ള ബോധങ്ങൾ അപ്പോൾ ഒരു മനുഷ്യൻ അഹോന്ന് പ്രയോഗിക്കുമ്പോൾ ഈ വാക്യം പ്രയോഗിക്കുന്നതാണ് സാധാരണ മനുഷ്യനാണ് അഹം ഇഹസ് അതിനെ ജാനാൻ അഹം ഇഹസിനെ വാസ്മി എന്ന് പ്രയോഗിക്കുമ്പോൾ അയാൾക്ക് ഈ രണ്ടിനെക്കുറിച്ചും ഭേദജ്ഞാനം വ്യക്തമായിട്ടും വേണം സിംഹത്തെയും മാണവനേയും അറിയുമ്പോലെ അങ്ങനെ ഒരു ഭേദജ്ഞാനം ഉണ്ടാവുമോ സാറിന് ഒരു വാക്യം പ്രയോഗിക്കുന്നതാണ് അഹത്തിൻ്റെ അർത്ഥം വിഭുവായ ആത്മാവാണ് അങ്ങനെ ഒരു ബോധമില്ല അങ്ങനെ ബോധമില്ലാത്ത കൊണ്ട് തന്നെ എന്താണ് ശരീരവും ആത്മാവും തമ്മിലുള്ള ഭേദജ്ഞാനം ഇല്ല പിന്നെ സാദൃശ്യജ്ഞാനം വരണം ഇതൊന്നുമില്ല അപ്പോൾ ഒരാളിനെന്താണ് മുഖ്യമായിട്ടും ഭേദജ്ഞാനം ഇല്ലാത്ത തന്നെ അഹോ എന്ന് ശരീരത്തിൽ പ്രയോഗിക്കുന്നു പറയാൻ പറ്റില്ല പിന്നെ അഹം എന്ന് പറയുന്ന ശബ്ദം ഗൗണമായി ശരീരത്തിൽ പ്രയോഗിക്കുന്നു എന്ന് പറയുന്ന അതായത് അഹം ശബ്ദത്തിന് ശരീരം എന്ന് പറയുന്ന ഒരർത്ഥം ഗൌണീവൃത്തിയിലൂടെ കിട്ടുമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഗൌണീ വൃത്തി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാത്തതുകൊണ്ട് ഗൗണീവൃത്തി പറയുന്നതാണ് പരശബ്ദ പരത്ര ലക്ഷ്യമാണ് ഗുണയോഗി അത്ര പ്രയോക്ത പ്രതിയോക്തോ സമ്പ്രദിസ്ഥ ഗുണ ഇതാണ് ഗൌണമെന്ന് അറിയാൻ വയ്യാത്തവരാണെന്ന് പറയുന്ന ആ ശബ്ദത്തിന്റെ മുഖ്യാർത്ഥം ആത്മാവും ഗൗണാർത്ഥം എന്ന് പറയും അവിടെ ഒന്നാമതായി ഭേദജ്ഞാനം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇവിടെ ഗുണ സാധ്യമല്ല എന്നറിയാം ി സംഗേ ഗുണതോ ഗുണവൃത്തിരി സംശയ ശാരീരിക സർവജ്ഞാ മുനിയുടെ വളരെ പ്രാമാണികമായ കാരണം അവിടെ ഇതിനെ കുറിച്ച് പറയുന്നതാണ് ഗുണതോ ഗുണവൃത്തിരി എന്താണ് ോണി വൃത്തിയാഗ്രഹിക്കുന്ന ഗുണം കൊണ്ടാണ് സിമൂഹമാണോ എന്ന് പറയുന്നിടത്ത് എന്താ ഗുണംവരത അതാണ് ഗുണദോ ഗുണവർത്തിരി സംഗതേ മറ്റൊന്നെന്താണ് ലാക്ഷണികി പ്രയോഗം അത് സംഗതേഹേ സംഗതി കൊണ്ടാണ് സംഗതി എന്ന് പറയുന്നത് എന്താണ് സംബന്ധം രക്ഷണാത്തി സ്വീകരിക്കുന്ന എവിടെയാണ് ശക്യസംബന്ധം ഉള്ളടത്ത് ഉദാഹരണം എന്താണ് അപരാ ലാക്ഷണികി തു സംഗതേഹേ അപരാ ലാക്ഷണികിതി അവരാന്ന് വെച്ചാ മറിച്ച് രക്ഷണാവൃത്തി എന്ന് പറയുന്നത് സംഗതയെ സംബന്ധം കൊണ്ടാണ് സഖ്യസംബന്ധോ അവിടെ സഖ്യം എന്താണ് എത്രയോ തവണ കേട്ടതും പഠിച്ചു ലക്ഷണാവൃത്തി പറയുന്നിടത്ത് സഖ്യം ഉദാഹരണം എന്താണ് ഇവിടെ സഖ്യം എന്താണ് പ്രവാഹം സഖ്യസംബന്ധം അതാണ് ലക്ഷണാവൃത്തി സഖ്യം എന്ന് പ്രവാഹം അതിന്റെ സംബന്ധം അതിനോടുണ്ട് അപ്പൊ ആ സംയോഗാദി സംബന്ധം അതാണ് ലക്ഷണാവൃത്തി ആ സംബന്ധം ഉള്ളത് ലക്ഷ്യമായി ഭേദഗമസ്തി ലക്ഷണ ഗുണവൃത്തുരി വേദവാദി അദ്വൈതികളുടെ പ്രധാനമായ സിദ്ധാന്തമാണ് ഇത് ഭേദകമസ്തി ഇങ്ങനെ ഭേദകം ഉണ്ട് ഭേദമുണ്ട് ഏകദേശം ഉണ്ട് ദക്ഷണാ ഗുണവൃത്തിയോരതി വേദവാദിനാവൃത്തിക്കും ഗുണവൃത്തിക്കും അല്ലെങ്കിൽ ഗൌണീയവൃത്തിക്കും ഭേദമുണ്ട് എന്നാണ് ആര് പറയുന്നത് വേദവാദിന ഭേദവാദി എന്ന് വെച്ചാൽ അദ്വൈതികൾ മാത്രമല്ല കുമാരളഭട്ടനു തന്നെ പറയും ഇതിഹാശയം തന്നെയാണ് കുമാരല പട്ടണം പറയുന്ന ഇത് തന്നെയാണ് ഇതാണ് ഗുണതോ ഗുണവൃത്തിരിഷ്യതിലാക്ഷണികിതി ഭേദകം സ്ഥി ലക്ഷണ ഗുണപ്പെടുത്തിയോരി വളരെ പ്രസിദ്ധമാണ് പല സ്ഥലത്തും ഇത് കോട്ടയുന്നത് പല സ്ഥലത്തും ഇതിന്റെ ആവശ്യം ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന പലയിടത്തും ഇതുവരെ സംശയ ശാരീരിക കാരണം എന്ന് പറയുന്നത് സാമ്പ്രദായികമായ അത്തു ഇരിയൊക്കെ വളരെ പ്രാമാണികനാണ് അതുകൊണ്ട് പറയുന്നത് അഭിധേയ പ്രവൃത്തിരിൽ ദക്ഷിണേഷ്യത ഇത് തന്ത്രവാർത്തികത്തിൽ കുമാരലവട്ടം പറയുന്നത് അതാണ് വേദവാദന എന്ന് പറയുന്നത് അഭിഥേയ അവിനാഭൂതേ അഭിഥേയവുമായി സംബന്ധത്തിലുള്ളത് അവിനാഭൂതമായിരിക്കുക നിത്യസംബന്ധത്തിലിരിക്കുന്നു അതാണ് അഭിധേയ അവിനാഭൂതേ എന്ന് പറയുന്നു ദക്ഷണയെ കുറിച്ച് പറയുന്നു ഉദാഹരണം എന്താണ് ലക്ഷണക്ക് ഗംഗായോഷം അഭിധേയം എന്ന് വെച്ചാൽ വാച്ച് അവിടെ ഗംഗ അഭിഥേയമായി ഗംഗാപ്രവാഹം അഭിധേയ അവിനാഭൂതമായ അതിനോട് നിത്യസംബന്ധത്തിരിക്കുന്ന എന്താണ് തീരം അതാണ് അവിനേയൂത അതിൽ വരുന്ന ശബ്ദത്തിന്റെ പ്രവൃത്തി ഏതിൽ വരുന്നേ അവിധേയഅത അവിനേയ അവിനാഭൂതം എന്താണ് തീരം അതിൽ പ്രവൃത്തി എന്തിന്റെ പ്രവൃത്തി ശബ്ദത്തിന്റെ പ്രവൃത്തി ഏത് ശബ്ദത്തിന്റെ പ്രവൃത്തി ഗംഗാശബ്ദത്തിന്റെ പ്രവൃത്തി അവിധേയ അവിനാഭൂതെ പ്രവൃത്തി ലക്ഷണായിഷ്യ അങ്ങനെയാണ് ലക്ഷണന്ന് പറയുന്നത് ഇതാരു പറയുന്നത് സംശയം വിചാരിക്കും എന്നാണ് പറഞ്ഞത് അഭിഥേയ അവിനാഭൂതെ പ്രവർത്തകർ ലക്ഷ്മേശ്വരെന്നാരാ പറയുന്നു ഇത് കുമാരനവട്ടൻ എവിടെ പറയുന്നു തന്ത്രവാർത്തയൊക്കെ പറയുന്നു അതിനെ തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആ തന്ത്രവാർത്തയെത്തി പറഞ്ഞ കാര്യത്തെയാണ് ഇവിടെ എടുത്തു പറയുന്നത് ലക്ഷ്യമാണ് ഗുണേർ യോഗ പ്രത്യേകിഷ്ട അതോടെ പറയുന്നതാണ് ഗൌണമെന്താണ് ലക്ഷ്യമാണ ഗുണേർ യോഗ ലക്ഷ്യമാണ ഗുണം അതിന്റെ യോഗ സംബന്ധം കൊണ്ട് അതാണ് ഇവിടെയും പറഞ്ഞത് അത് തന്ത്രവാർത്തയെത്തി പറയുന്നു ലക്ഷ്യമാണ് ഗുണയർ രണ്ടും അവിടെ പറയുന്നതാണ് ലക്ഷ്യമാണ് ഗുണം എന്താണ് ലക്ഷ്യമാണ് ഗുണം സംബന്ധം എന്താണ് ക്രൗര്യം ലക്ഷ്യമാണ് ഗുണയർ യോഗ അതിന്റെ സംബന്ധം ഉള്ളത് കൊണ്ട് വൃത്തേരിഷ്ടാതു ഗൗണത അതുകൊണ്ട് വൃത്തിക്ക് ഗൗണത ഇഷ്ടമാണ് സമ്മതമാണെന്നോ അപ്പോൾ ഒരു വൃത്തി മൂന്നുതരത്തിൽ വരാം ഏതൊക്കെ ശക്തി ലക്ഷണ ഗോണം ഗൌണത ആ ഗുണത വൃത്തിരിഷ്ട എന്തുകൊണ്ട് ലക്ഷ്യമാണ് ഗുണേർ യോഗാദ് വൃത്തിയരിഷ്ടാത് ഗുണത മാരലഭൻ ഇത് രണ്ടും പറയുന്നുണ്ട് ഏതൊക്കെ അഭിധേയ അവിനാഭൂതെ പ്രവൃത്തി രക്ഷണേഷ്യതേ ലക്ഷ്യമാണ് ഗുണയർ യോഗ പ്രത്യേക രക്ഷാദ് കുമാരല ഭട്ടൻ പറഞ്ഞതിനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇതേ തന്നെയാണ് സംശയ ശാരീരിക കാരണം പറഞ്ഞു എന്തു പറഞ്ഞു പിന്നെ ശബരക്ഷണിക ലക്ഷണ ഗുണഭൃത്യോരി വേദവാദിനെല്ലാം മീമാംസയുടെ പരമ്പരയിലും അദ്വൈതികയുടെ പരമ്പരയിലും സമ്മതമായ കാര്യമാണെന്നാണ് ഇന്നും മനസ്സിലാക്കേണ്ടത് രണ്ടുപേർക്ക് സമ്മതമായ കാര്യമാണ് അപ്പൊ ഈ ലക്ഷണം രണ്ടു തരത്തിലുണ്ട് ഒന്ന് സാമ്പ്രകം മറ്റൊന്ന് രൂഢം അങ്ങനെ രണ്ടു തരത്തിലുണ്ട് രണ്ടുവിധത്തിൽ ലക്ഷണത്തെ കുറിച്ച് പറയും സാമ്പത്തികമായ എന്ന് പറഞ്ഞാൽ മുഖ്യമായ ലക്ഷണമൊക്കെയാണ് ഈ ഉദാഹരണം പറഞ്ഞത് ഒരു കൂടത്തിന് ഉദാഹരണം പറയും ഇവിടെ ഒരു ഉദാഹരണം കൂടെ ഇത് ലൗകികമായ ഉദാഹരണം പറഞ്ഞ വൈദികമായ ഒരു ഉദാഹരണം കൂടെ പറയുന്നു अवद्रदभेदे നയമിഹോത്രവചനോത്രശ मासं അവധ്രൃതഭേ പൗണ്ടപാനഗർമ്മ മാസം അഗ്നിഹോത്രം ജുഹോതിസാദൃശ്യുണ അഗ്നിഹോത്ര ശബ്ദ അത്ര ഗുണ എന്നു ആദ്യം ഇവിടെ പറഞ്ഞ എന്താണ് നയമിക അഗ്നിഹോത്രവചനോ അഗ്നിഹോത്ര ശബ്ദം നയമിക അഗ്നിഹോത്രം എന്ന് പറയുന്നത് നിത്യ അഗ്നിഹോത്രം അങ്ങനെയാണ് നയമിക അഗ്നിഹോത്രം എന്ന് പറയുന്നത് അതായത് അഗ്നിഹോത്രം ജ്യോതി എന്ന് തൈത്തിരിയ ബ്രാഹ്മണത്തിലൊരു വിധിയുണ്ട് അഗ്നിഹോത്രം ചെയ്യുന്നത് അപ്പോൾ വൈദികൻ അഗ്നി ആധാനം എന്ന് പറയുന്നവർ കർമ്മം ചെയ്തിട്ട് എന്നുവെച്ചാൽ തന്റെ വീട്ടിൽ തന്നെ അഗ്നിയെ വിധിപ്രകാരം ജ്വലിപ്പിക്കുക കുണ്ടങ്ങളിൽ അതിനാണ് അഗ്നി ആധാനം എന്ന് പറയുന്നത് അങ്ങനെ ഒരു വൈദികം ജ്വലിപ്പിച്ചുകഴിഞ്ഞാൽ അയാള് സായംപ്രാ രാവിലെയും വൈകുന്നേരവും മരണാം വരെ അഗ്നിഹോത്രം ചെയ്യണം അതിനാണ് നിത്യ അഗ്നിഹോത്രം എന്ന് പറയുന്നത് എല്ലാ ദിവസവും ചെയ്യുന്നത് സായം പ്രാത് രാവിലെ വൈകുന്നേരവും ചെയ്യുന്ന ഇതിന് അത് വിരിച്ചിരിക്കുന്ന ഇവിടെ തൈത്തിരിയ സംഹിതയിൽ വിളിച്ചിരിക്കുകയാണ് തൈത്തിരിയ സംഹിതയിൽ എങ്ങനെ വിരിച്ചിരിക്കുന്നു അഗ്നിഹോത്രം ജ്യോതി എന്ന് വിളിച്ചിരിക്കുന്നു അപ്പോ ഇതിന് നിത്യ അഗ്നിഹോത്രം എന്ന് പറയും അപ്പൊ ഇവിടെ അഗ്നിഹോത്ര ശബ്ദം വന്നു ഈ അഗ്നിഹോത്രം ത്തിന്റെ മുഖ്യ അർത്ഥം എന്ന് പറയുന്നത് നിത്യ അഗ്നിഹോത്രമാണ് സിംഹശബ്ദത്തിന്റെ മുഖ്യാർഥം എന്ന് പറയുന്നത് എന്താണ് മൃഗമാണ് അതുപോലെ അഗ്നിഹോത്ര ശബ്ദത്തിന്റെ മുഖ്യാർഥം എന്താണോ ഏ എന്താണോ നിത്യ അഗ്നിഹോത്രം നിത്യ അഗ്നിഹോത്രമാണ് ഇനി മറ്റൊരു അഗ്നിഹോത്രമുണ്ട് അത് ഗൌണാർത്ഥമാണ് ആദ്യം മുഖ്യമായ അഗ്നിഹോത്രത്തെ കുറിച്ചാണ് പറയുന്നത് എത്രകാരം വന്നാൽ നയമിക അഗ്നിഹോത്ര വചനവും നിത്യ അഗ്നിഹോത്രത്തിന്റെ വാചകം വചനം അതിന്റെ ശബ്ദമായ അഗ്നിഹോത്ര ശബ്ദ ഈ അഗ്നിഹോത്ര ശബ്ദം വേറെയിടത്ത് പ്രയോഗിച്ചു കഴിഞ്ഞാൽ അത് ഗുണമാവും സിംഹത്തിൽ പ്രയോഗിക്കേണ്ട സിംഹ ശബ്ദം മാണവങ്ങളിൽ പ്രയോഗിച്ചെന്താവും നിത്യ അഗ്നിഹോത്രത്തിൽ പ്രയോഗിക്കുന്ന അഗ്നിഹോത്ര ശബ്ദം മറ്റൊരു സ്ഥലത്ത് പ്രയോഗിച്ച അഗ്നിഹോത്ര ശബ്ദം അവിടെ എന്താവും അതാണ് ഇവിടെ പറയുന്നത് ഇത് പ്രകർണാതര അവധ്രതേ ഭേദ കൗണ്ടബായി അയനഗതെ കർമ്മി കൗണ്ടബായി അയനം എന്ന് പറയുന്നത് കുണ്ടപായികൾ എന്ന് പറയുന്ന യഷിമാരുണ്ട് അതൊരു കുറെ യഷിമാരുടെ പേരാണ് പഴയകാലത്ത് അവരുടെ ഗോത്രം കുലമൊക്കെ അനുസരിച്ചാണ് അറിയപ്പെടുന്നത് അപ്പോൾ ആ യഷിമാര് അവരുടെ അയനം എന്നു പറഞ്ഞാൽ അവരുടെ ഒരു ഒരു സത്രമാണത് ദീർഘകാലം കൊണ്ട് അവസാനിക്കുന്ന യജ്ഞത്തെയാണ് സത്രമെന്ന് പറയുന്നത് ഇപ്പൊ കൗണ്ടവായികളുടെ അയനം എന്ന് പറയുന്ന ഒരു കർമ്മത്തിൽ അവിടെ അയനഗതെ കർമ്മണി അവിടെ ആ സത്ര കർമ്മത്തിൽ എന്താണ് അവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത് മാസം അഗ്നിഹോത്രം ജുഹോതി എന്നൊരു വാക്യമുണ്ട് ഇപ്പൊ കൗണ്ടബായികളുടെ സത്രത്തിൽ ഒരു കർമ്മമുണ്ട് ആ കർമ്മത്തെ പിരിച്ചിരിക്കുന്ന എങ്ങനെ മാസം അഗ്നിഹോത്രം ജ്യോതി ശരിക്കും അത് ഉപസദ് ചരിത്ര മാസം അഗ്നിഹോത്രം ജുതി എന്നാണ് മുഴുവൻ വാക്യം ഉപസത്തുകൾ അഹോതികൾ അനുഷ്ഠിച്ച് മാസം അഗ്നിഹോത്രം ജുഹോതി എന്നാണ് എന്റെ അർത്ഥം അപ്പൊ ഇത് ഈ സത്രത്തിൽ വരുന്ന ഒരു കർമ്മമാണ് നിത്യ അഗ്നിഹോത്ര അല്ല പക്ഷെ അവിടെയും പേരെന്താണ് അഗ്നിഹോത്രം എന്നാണ് അപ്പൊ സത്രത്തിന്റെ ഭാഗമായി വരുന്ന ഈ കർമ്മത്തിനും പേര് പറഞ്ഞിരിക്കുന്നത് എന്താണ് ഏ അഗ്നിഹോത്രം ഒന്നാണ് പക്ഷെ നേരത്തെ തൈത്തരിയ സംഹിതയിൽ വിധിച്ചത് അഗ്നിഹോത്രം ജുഹോതി എന്നാണ് ഇവിടെ അങ്ങനെയല്ല മാസം അഗ്നിഹോത്രം ജുഹോതി എന്നാണ് വ്യത്യാസമുണ്ട് അത് വേറെ വിധിയാണ് ഇത് വേറെ വിധിയാണ് എന്ന് പറയുമ്പോ ഇത് രണ്ട് കർമ്മങ്ങളാണ് അപ്പോ ആദ്യം നെത്തിയ അഗ്നിഹോത്രത്തെ വിപിച്ചു അഗ്നിഹോത്രം ജുഹോതി അവിടെയും വന്ന് അഗ്നിഹോത്രം ഇവിടെ മാസം അഗ്നിഹോത്രം ജൂഹോതി ഇവിടെയും വന്ന് അഗ്നിഹോത്രം അപ്പൊ വൈകിയന്മാർക്ക് സംശയമുണ്ട് ഇത് രണ്ടും ഒരു അഗ്നിഹോത്രമാണോ രണ്ടാണോ എന്നൊരു സംശയം ഉണ്ടായി അപ്പോ ഇത് രണ്ടല്ലാന്ന് തീരുമാനിക്കാൻ മീമാംസയിലൊരു അധികരണം ഉണ്ട് അതിന് പ്രണക പ്രകരണാന്തരാധികരണം മീമാംസയിലെ ഓരോ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ഭാഗത്തെയാണ് അധികരണം എന്ന് പറയുന്നത് അപ്പൊ ഈ പ്രകരണാന്തര അധികരണമെന്ന് പറയുന്നിടത്ത് മീമാംസയിലെന്ന് വെച്ച സൂത്രങ്ങൾ എന്റെ ഭാഷകളിലുമായിട്ട് ഈ രണ്ട് അഗ്നിഹോത്രങ്ങളെ കുറിച്ചും അവിടെ ചർച്ച ചെയ്തിട്ട് തീരുമാനിച്ചു മാസം അഗ്നിഹോത്രം ജുഹോതി എന്ന് പറയുന്ന അഗ്നിഹോത്രം ഏറെയാണ് പിന്നെ നിത്യ അഗ്നിഹോത്രം ഇപ്പൊ രണ്ടു നിങ്ങളുടെ ഭേദം വ്യക്തമായി രണ്ട് കർമ്മങ്ങൾ രണ്ടിനും ഒരേ പേര് പക്ഷെ പ്രകടനാന്തര അധികരണത്തിൽ നിന്ന് രണ്ടും രണ്ട് കർമ്മമാണ് അപ്പൊ ഭേദജ്ഞാനം ഉണ്ടായി ഭേദജ്ഞാനം ഉള്ളിടത്ത് പിന്നെ ഇതിന്റെ രണ്ടിന്റെയും തമ്മിൽ സാദൃശ്യവും ഉണ്ട് കാരണം രണ്ടിന്റെയും ദ്രവ്യവും ദേവതയൊക്കെ ഒന്നു തന്നെ അതിനൊക്കെ സാദൃശ്യമുണ്ട് രണ്ട് കർമ്മങ്ങളാണ് ഇതിന് ഭേദമുണ്ട് എന്നാൽ സാദൃശ്യമുണ്ട് അങ്ങനെ വന്നപ്പോൾ അഗ്നിഹോത്ര ശബ്ദം നിത്യ അഗ്നിഹോത്ര പ്രയോഗിച്ചത് മുഖ്യവും രണ്ടാമത്തെ മാസം അഗ്നിഹോത്രം ജുഹോതി എന്ന് പറയുന്ന പ്രയോഗിച്ചെന്താ ഈ ഗൗണമായി എന്തുകൊണ്ട് ഇവിടീ വേദഞ്ജാനുണ്ട് സാദൃശ്യമുണ്ട് സിംഹമാണവെന്ന് പറഞ്ഞത് ഇത് വൈദിക ഉദാഹരണം പറഞ്ഞുകൊണ്ടേ ഭവനികാരൻ വേദത്തിന്റെ അർത്ഥവിചാരമായുണ്ട് എല്ലാത്തിനും മീമാംസം നിന്ന് ഉദാഹരണം കാണും ഇത് എന്തിനാ ഉദാഹരണം കാണിക്കുന്നു ഗൗണമെന്ന് വെച്ചാൽ ഇന്നതാണ് തൂണീ വൃത്തി അഗ്നി വക്രമം എന്ന് പറയുന്ന ഒരേ ശബ്ദം വന്നെങ്കിലും രണ്ടു കർമ്മങ്ങൾക്കും ഭേദമുള്ളത് കൊണ്ടും സാധിച്ചു എന്നാണോ ഒരിടത്ത് അത് മുഖ്യവും വേറിടത്ത് തൂണവുമാണ് അതുപോലെ സിംഹ ശബ്ദം മൃഗത്തിൽ മുഖ്യവും മാണവില് ഇതിന്ന് മനസ്സിലാക്കേണ്ട എന്താണ് ഭേദവും സാദൃശ്യം ഉള്ളിടത്ത് മാത്രമേ എന്ത് പ്രയോഗിക്കാൻ പറ്റൂണി വൃത്തി വരത്തൂടെ പറയുന്നത് തദ്ധ നയമികചനവും നിത്യ അഗ്നിഹോത്രത്തിന്റെ ശബ്ദമായ അഗ്നിഹോത്ര ശബ്ദ പ്രകരണാന്തര അവദ്രത ഭേദ പ്രകരണഅാന്തര അധികരണത്തിൽ നിശ്ചയിക്കപ്പെട്ട ഭേദമുള്ളതായ കൌണ്ടബായിാം അയനകഥെ കൌണ്ടബായി ഋഷികാരുടെ എന്താണ് അയനത്തിൽ സത്രത്തിൽ ഉള്ള കർമ്മണി കർമ്മത്തിൽ മാസം അഗ്നിഹോത്രം ജുഹോതി ഇത്തിയത്ര മാസം അഗ്നിഹോത്രം ജുഹോതി എന്ന് പറയുന്ന ആ സ്ഥാനത്ത് അവിടെ ഈ മാസം അഗ്നിഹോത്രം ജ്യോതി എന്ന് പറയുന്ന വിധി വരുന്നത് താണ്ടിബ്രാഹ്മണത്തിലാണ് ഇവിടെ ജയമിനീയം സൂത്രത്തെ കൊടുത്തിരിക്കുന്നത് ആ പ്രകരണാന്തര അധികരണത്തിന്റെ കാര്യമാണ് പറയുന്നത് അപ്പൊ ഈ താണ്ടിബ്രാഹ്മണത്തിലെ വിധിയിൽ ഇത്യത്ര ഇവിടെ നുമ്പ് പറഞ്ഞ അഗ്നിഹോത്ര ശബ്ദം സാധ്യ സാദൃശ്യേന ഈ രണ്ട് കർമ്മങ്ങളുടെയും സാധ്യങ്ങൾക്ക് സാദൃശ്യം ൊണ്ട് അത്ര ഗൗണഹ എന്ന് പറഞ്ഞാൽ ഈ രണ്ടാമത്തെ സ്ഥലത്ത് ഗൗണമാണ് എന്താണ് ഗൗണമായിരിക്കുന്നത് അഗ്നിഹോത്ര ശബ്ദം